എബ്രായർ കെഴുതി ലേഖനം എബ്രായർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത് അതിൽ ഒരു പാരഗ്രാഫ് അതിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അടങ്ങുന്ന ഒരു ഖണ്ണിയെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് എബ്രായർ പന്ത്രണ്ടിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവിടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പേൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കൈപ്പുള്ളവരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിനും ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളി അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഈ കണ്ണികെ അവസാനിക്കുന്ന ആ ഭാഗം മാനസാന്തരത്തിനൊരു ഇട കണ്ടില്ല എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു പാരഗ്രാഫിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് എന്നുവെച്ചാൽ വിശ്വാസത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു പക്ഷെ ഒരു പിന്മാറ്റമുണ്ടായി പിന്നീട് ഒരു മാനസാന്തരത്തിനിടയില്ലാതെ എന്നേക്ക് തള്ളപ്പെട്ടു പോയി അത് തീർച്ചയായിട്ടും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് പിന്നീട് മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് തരുന്ന ഒരു ആഘാതം എത്ര വലുതാണ് എബ്രാഹിം ലേഖനത്തിൽ തന്നെ നമ്മൾ നേരത്തെയും പഠിച്ച രണ്ട് ഭാഗങ്ങൾ ഈ നിലയിലുള്ളതാണ് എബ്രാഹിം ലേഖനം ആറാം അധ്യായം അതിൻ്റെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവ പുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് പറയുന്ന ആ പാകം അതിൻ്റെ താഴോട്ടും ചുട്ടുകളൊക്കെ എത്രയേ അതിൻ്റെ അവസാനം എന്ന് പറയുന്ന ആ പാകം വരെ ഉള്ളത് അതുപോലെ പത്താം അധ്യായത്തിൻ്റെ എബ്രായർഗീതി ലേനം പത്താമധ്യായത്തിൻ്റെ ഇരുപത്താറ് മുതൽ ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിലും സമാനമായ ഒരു കാര്യമാണ് പറയുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പിന്നെ ഒരു സാധ്യത ഇല്ല എന്നുള്ളത് നമ്മൾ പത്രോസിൻ്റെ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴും ആ നിലയിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും രണ്ട് പത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അവിടെ നമ്മൾ കാണുന്നത് നമ്മൾ പിന്നീട് എന്തില്ല അത് സ്വന്തം ശർദിലേക്ക് തിരിയുന്ന നായെ പോലെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം കർത്താ അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ട് പത്രോസ് രണ്ടിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ ആ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോകും തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നതായിരുന്നു അവർക്ക് നന്നത് എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് ഭവിച്ചു ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ചിന്തിച്ച ഭാഗങ്ങളൊക്കെയും സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു മടങ്ങിവരവിനെക്കുറിച്ചുള്ള സാധ്യത ഇല്ലാതെ വണ്ണം ഉള്ള ഗൗരവമേറിയ കാര്യങ്ങളാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ട് ആ പാരഗ്രാഫ് മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയമെന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കാൽവിനിസ്റ്റ് ചിന്തകൾ അർമീനിയൻ ചിന്തകൾ നമ്മൾ ഈ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നമുക്ക് ഈ ആഴ്ച ഈ അതിൻ്റെ മൊത്തത്തിലുള്ള ആശയത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഈ ആഴ്ച നമുക്ക് അതിൻ്റെ അകത്തെ ഓരോ വാക്യങ്ങളായിട്ട് എടുത്ത് ചിന്തിച്ച് ഈ പാരഗ്രാഫ് തീർക്കാം എന്നാണ് കരുതുന്നത് ഇതിൻ്റെ പന്ത്രണ്ടിൻ്റെ പതിനാലാമത്തെ വാക്യം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി പ്രിയപ്പെട്ടവരെ ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ മാർഗം സമാധാനത്തിൻ്റെ മാർഗമാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിനെക്കുറിച്ച് പറയുന്നത് ഒരു ഭാഗം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ റോമർക്ക് എഴുതി ലേഖനം അതിൻ്റെ പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചുകളായി കണ്ടോ അസമാധാനമെന്ന് പറയുന്നത് പിശാചിൻ്റെ കാലടിയൊച്ചയാണ് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അസ്വസ്ഥതയുടെ ചിന്തകൾ വരുമ്പോൾ അന്നേരം എന്തുവാ അതിനെ ആ ഓ നമ്മളതിനെ അന്നേരം ഓർക്കേണ്ടതെന്താ അത് നമ്മൾ പറഞ്ഞതുപോലെ പിശാജ് അടുത്ത് വരുന്നതിൻ്റെ കാലടി ഒച്ചയായിട്ട് കേട്ടാൽ നമ്മളെന്തോ ചെയ്യും ഉടനെ തന്നെ കർത്താവ് ദാണ്ടാവും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെന്തോ ചെയ്യും കർത്താവിനെ ശരണപ്പെടും നമ്മളല്ലാതെ ആ അസ്വസ്ഥതയുടെ ചിന്തകളും ഭയത്തിൻ്റെ ചിന്തകളും നിരാശയുടെ ചിന്തകളെയും നമ്മൾ സ്വീകരിക്കരുത് നമ്മളതിനെ റിജക്റ്റ് ചെയ്യണം അതിനെ തള്ളിക്കളയണം കാരണം ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് സമാധാനത്തിൻ്റെ ദൈവം ഗോഡ് ഓഫ് പീസ് നമുക്കുള്ളത് ഒരു ദൈവമാണ് നമ്മൾ സമാധാനത്തോടെ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരോടും സമാധാനമാചരിപ്പി വ്യത്യസ്തരായ ആളുകളാണ് ഈ ലോകത്തുള്ളവർ അവരിൽ പലരും എന്താ അസമാധാനത്തിൻ്റെ ആളുകളാണ് നമ്മളോട് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ വഴക്കിന് വരുന്ന ആളുകളാണ് ഞാനൊരു ദൈവദാസനൊടിക്ക ഒരു കാര്യത്തിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു അദ്ദേഹം വളരെ ശാന്തനായ ഒരാളാണ് മുണ്ടുമൊക്കെ എടുത്ത് സാവധാനത്തിൽ ഒരിടത്ത് ബസ് കാത്ത് നിൽക്കുക ഒരാളതിലേ വന്നു വന്നേച്ചാൽ അയാൾ കുടിച്ചേച്ചയാൾ വന്ന് അവിടെ വന്ന് കാല് തെറ്റിയോറ്റോ വീടും വീട് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടെ ഓടി ഓടിയപ്പം പറയാം നോട്ടോ അങ്ങനെ തന്നെ നോക്കി അതുകൊണ്ടായോ വല്ല കാര്യം കേട്ടോ ഈ മനുഷ്യനൊന്നും ചെയ്തില്ല കർത്താവിൻ്റെ ദാസം ബാസ് കാത്ത അവിടെ നിന്നു എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്തില്ല ഇയാള് വലിയ വിശുദ്ധൻ ഇയാള് വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ട് ഏർ ഇങ്ങനെ നിന്ന് എന്നെ നോക്കി അപ്പം ആളുകൾ പല തരക്കാര നമ്മളോട് ആവശ്യമില്ലാതെ വഴിയേ പോകുന്ന വയ്യാവേലി എന്ന് പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ നമ്മളോട് വഴക്കിന് വരും നമ്മളൊന്നും ചെയ്തിട്ടല്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നല്ല നല്ല ബുദ്ധിയോടെ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിച്ച ആളുകൾ വഴക്കിന് വരും വഴക്കിന് വരുമ്പോൾ നമ്മളോട് ഉള്ള കൽപ്പന എന്താ അതൊക്കെ ഏറ്റു പറഞ്ഞ് അതിനോടൊക്കെ ഏറ്റുപിടിച്ച് ഇവനെ ഒരു പാഠം പഠിപ്പിക്കാനും ഒന്നും നമ്മുടെ ജോലിയല്ല അതൊന്നും അതിനൊക്കെ പോയ കാര്യങ്ങൾ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല കാര്യം ഈ ലോകത്തിൻ്റെ ഒരു പ്രഭുവുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങളിൽ ഏർപ്പെടുത്തി കാര്യങ്ങളിൽ തർക്കങ്ങളിൽ കൊണ്ടുവന്നിട്ട് ചിലടത്ത് തർക്കങ്ങളൊക്കെ നടക്കുകയില്ലേ നമ്മൾ വഴിയെ പോകുമ്പോൾ നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കാൻ ചെന്നത് അവിടെ വലിയ തർക്കം നടക്കുക പിണറായി വിജയനാണോ മറ്റേ ആളാണോ നമ്മളെന്തോ വേണം നമ്മൾ ആവശ്യമില്ലാതെ അതിൻ്റെ അകത്തൊന്നും കയറി ഒരഭിപ്രായം പറഞ്ഞ് പറഞ്ഞാൽ എന്തോ പറ്റും അവസാനം ഇതെല്ലാം നമ്മുടെ തലയിൽ ഇരിക്കും കാര്യം അവിടെ ചെന്നിട്ടുള്ള ദൈവമകൻ എന്ന് പറയുന്നത് നമ്മളാ നമ്മളെ ഈ കെണിപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ അവിടെ ഒരു തർക്കവും നമുക്ക് താല്പര്യമുള്ള ചില വിഷയമാണ് ഏ നമ്മൾ പത്രമൊക്കെ വായിച്ച് നമുക്കും ഇതിനെക്കുറിച്ച് സ്വന്തം അഭിപ്രായമൊക്കെ ഉണ്ട് പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും കയറി ഓര നീ തലയിട്ട് നിൻ്റെ സാക്ഷിയോ നഷ്ടപ്പെടുത്തി നിൻ്റെ സമാധാനവും നിന്നെ വിളിച്ചേക്കുന്നത് പിന്നെന്താ പറഞ്ഞേക്കുന്നത് കഴി എല്ലാവരോടും സമാധാനം ആചരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവം ദൈവത്തിൻ്റെ പല പേരുണ്ട് എന്നാൽ റോമർ പതിനാറിലെ ഇന്ത്യ ഇരുപതിൽ നമ്മൾ വായിച്ച ദൈവത്തിൻ്റെ പേരെന്താണ് God of Peace, ഗോഡ് ഓഫ് പീസ് സമാധാനത്തിൻ്റെ ദൈവം സമാധാനത്തിൻ്റെ നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവം നമുക്ക് ആരോടും ഒരു വഴക്കില്ല നമുക്ക് ആരോടും ഒരു വഴക്കുമില്ല ആരോടും ഒരു പിണക്കവും ഇല്ല നമ്മൾ നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ ചിലടത്ത് ചില രംഗങ്ങളിൽ ചെല്ലുമ്പോൾ ചില ആളുകൾ ചോദിക്കും നിങ്ങളെന്തോ ഒരുമാതിരി വെള്ളം ഒരുമാതിരി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തിനാണ് ഇത് നമ്മളെന്തെങ്കിലും ഒന്ന് പറയണോ എന്നിട്ട് വേണോ അത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാര്യം ആവശ്യമില്ലാത്ത കാര്യത്തിൽ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കാനും ഒന്നും നമ്മൾ പോകരുത് വഴിയെ പോകുന്ന നായ അതിലേ അങ്ങ് പൊക്കോട്ടെ നമ്മൾ കയറി അതിൻ്റെ ചെവിക്ക് പിടിച്ച് കടിക്കാൻ വന്ന് ബഹളമാകേണ്ട സമാധാനത്തിൻ്റെ ദൈവം സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി ശുദ്ധീകരണം ശുദ്ധീകരണം എന്നുള്ള വാക്ക് ബൈബിളിൽ നമ്മൾ തുടക്കം മുതൽ കാണുന്ന ഒരു കാര്യമാണ് ശുദ്ധീകരണം പ്രാ പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ എന്നിട്ട് പിന്നീട് പറയുന്നു ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ശുദ്ധീകരണം എന്നുള്ള വാക്ക് സത്യത്തിൽ അത് കലർപ്പില്ലാത്തത് കലർപ്പില്ലാത്ത കൂടിച്ചേരലുകളില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം ശുദ്ധീകരണം വിശുദ്ധം പരിശുദ്ധി ഈ സ്വർണത്തിൻ്റെയൊക്കെ പരസ്യം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരിശുദ്ധമായ സ്വർണം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അലോയി ഒന്നും ചേർന്നിട്ടില്ലെന്നവർ പറയുന്നത് മറ്റൊന്നും ചേർന്നിട്ടില്ല പരിശുദ്ധമായ സ്വർണ്ണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തായിരിക്കണം കലർപ്പില്ലാത്ത ആളുകളായിരിക്കണം കലർപ്പില്ലാത്ത നമ്മൾ ഫിലിപ്പീർ കെഴുതി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ പലപ്പോഴും രണ്ടാമധ്യായ പതിനാലാമത്തെ വാക്യം വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുവിറുപ്പും വാദവും കൂടാതെ ചെയ്വിൽ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു കണ്ടോ പെറുവിറുപ്പും വാദവും എല്ലാം ഉള്ള ഒരു ഒരു തലമുറയുടെ നടുവിൽ വക്രതയും കോട്ടവും തലമുറയുടെ നടുവിൽ നമ്മളെ എന്തിനാണ് വിളിച്ചേക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്തായിരിക്കണം അനിന്യരായിരിക്കണം ബ്ലെയിംലെസ് എന്നു വെച്ചാൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മളെന്തായിരിക്കണം അവർക്കൊരു അപവാദം പറയാൻ ഒരു ഇടയുണ്ടാകരുത് ബ്ലെയിംലെസ് ആയിരിക്കണം രണ്ടാമത് നമ്മളെക്കുറിച്ച് പറഞ്ഞേക്കുന്ന പരമാർത്ഥികളായിരിക്കണം പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആലുവിയ അതായത് നേരത്തെ മറ്റുള്ളവരോട് ബന്ധപ്പെട്ടാണ് അനിന്യരെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മളെന്തായിരിക്കണം പരമാർത്ഥികളായിരിക്കണം പരമാർത്ഥികൾ നമ്മളിൽ തന്നെ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെന്തായിരിക്കണം പരമാർത്ഥികൾ അവിടെ ജെനുവിൻ ജെനുവിൻ ദൈവത്തോടുള്ള ബന്ധത്തിലോ ദൈവം നോക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം ഇന്നസെൻ്റ് ആയിരിക്കണം മൂന്ന് വീക്ഷണങ്ങളിലൂടെയാണ് നമ്മളെ നോക്കുന്നത് ദൈവം നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം ഇന്നസെൻ്റ് ആയിരിക്കണം മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം ബ്ലെയിംലെസ് ആയിരിക്കണം നമ്മൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം ജെനുവിൻ ആയിരിക്കണം കൂടിച്ചേരലുകൾ ഉണ്ടാകരുത് അലോയിയാകരുത് അലോയി അലോയി എന്താ അലോയി എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ കൂടെ മറ്റൊന്നും കൂടെ കൂടിച്ചേർന്ന് ഒന്ന് പ്രിയപ്പെട്ടവർ ശുദ്ധീകരണം വിശുദ്ധീകരണം പരിശുദ്ധി എന്നുള്ള വാക്ക് കൂടിച്ചേരലുകളില്ലാത്ത ഈ പറഞ്ഞതുപോലെ പരമാർത്ഥം ജനിവിൽ ഉള്ളതെവിടെ തൊട്ടാലും നമ്മളെ ഞായറാഴ്ച മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മളെ തൊട്ടാലും ഒന്ന് തന്നെയാണ് തിങ്കളാഴ്ച ജോലിസ്ഥലത്ത് നമ്മളെ തൊട്ടാലും ഒന്ന് തന്നെ വീട്ടിൽ വന്ന് ചൊവ്വാഴ്ച രാത്രി നമ്മളെ വിളിച്ചുണർത്തി തൊട്ടാലും നമ്മളത് തന്നെ അതേസമയം വേറെ ചില ആളുകൾ എന്താ വേറെ ചില ആളുകൾ സഭയിൽ അവർക്കൊരു മുഖമാണ് ജോലിസ്ഥലത്ത് മറ്റൊരു മുഖമാണ് വീട്ടിൽ മറ്റൊരു മുഖമാണ് കൂടിച്ചേരല കൂടിച്ചേരല പല ലോഹങ്ങളുടെ സങ്കരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം നമ്മൾ ഒരൊറ്റ ഒന്നായിരിക്കണം പരമാർത്ഥം ജ ആയിരിക്കണം എവിടെ തൊട്ടാലും എപ്പോൾ തൊട്ടാലും അതുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റിങ്ങുകളിലൊക്കെ വലിയ ഒരു ആത്മീയ ഭാഷയൊന്നും പറയാത്ത നമ്മുടെ പ്രസംഗങ്ങളൊക്കെ കണ്ടിട്ടില്ല വളരെ ഡൗൺ ടു ഉയർത്താൻ നമ്മൾ സാധാരണ അവിടെയൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത് കാരണം എന്താ മീറ്റിങ്ങിൽ വരുമ്പോൾ ഒരു വലിയ ഒരു ആത്മീയ ഭാഷയും മീറ്റിങ്ങിന് പുറത്ത് വേറൊരു ഭാഷ അങ്ങനെയൊന്നും അല്ല എവിടെയും നമുക്കൊരു കാര്യമേ ഉള്ളൂ നമുക്ക് നമ്മൾ ജെനുവിൻ ആയിരിക്കണം ജെനുവിൻ വിശുദ്ധി എന്ന് പറയുമ്പോൾ അത് ആളിനാണ് ആ വ്യക്തിയിലാണ് വിശുദ്ധി ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ വിശുദ്ധനാണോ എന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ നമുക്ക് വിശുദ്ധിയുടെ ഒരു പരിവേഷമുണ്ടോ എന്നുള്ളതല്ല ഇന്ന് പലയിടത്തും എന്താ വിശുദ്ധിയുടെ ഒരു പരിവേഷം ഉണ്ടായാൽ വിശുദ്ധനാകണമെന്നില്ല രണ്ടും തമ്മിൽ ഊന്നലുകളിൽ വ്യത്യാസമുണ്ട് ഞാൻ വേഗത്തിൽ പോകുന്നുണ്ട് ശ്രദ്ധിക്കണേ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ എന്താ അത് അവനവനിൽ തന്നെ എന്നിൽ തന്നെ ഞാൻ പരമാർത്ഥിയാണ് എന്നിൽ തന്നെ ഞാൻ വിശുദ്ധനാണോ എന്നുള്ളതാണ് ഒരു കാര്യം എന്നാൽ ആ വിശുദ്ധൻ എന്തുണ്ടാകും വിശുദ്ധിയുടേതായ ഒരു പരിവേഷവും വിശുദ്ധിയുടേതായ ഒരു പെരുമാറ്റവും ഉണ്ടാകും എന്നാൽ ഉള്ളിൽ ആ വിശുദ്ധി ഇല്ലാതെ തന്നെ വിശുദ്ധിയുടെ ഒരു പരിവേഷവും വിശുദ്ധിയുടെ ഒരു പെരുമാറ്റവും മാത്രം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവരായിട്ട് നമ്മളാകരുത് നമ്മൾ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല പറഞ്ഞു പോകുന്നതിൽ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ദൈവീത് ചോദിച്ചോണേ അപ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല ശുദ്ധീകരണം കൂടാതെ ആരും കാണുകയില്ല കർത്താവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കൊണ്ടുവന്ന രക്ഷണപ്രവൃത്തിയുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ തൊട്ട് നോക്കുമ്പോഴൊക്കെ അവിടെ ഈ ശുദ്ധീകരണം അതിനുവേണ്ടിയാണ് കർത്താവ് സ്വർഗത്തിൽ വന്ന് നമുക്കായിട്ട് രക്തം ചിന്തിയതും ക്രൂശിൽ മരിച്ചതും നമ്മളെ വീണ്ടെടുത്തതും എന്ന് മൂന്നിടത്ത് പറയുന്ന മൂന്ന് വാക്യങ്ങളുണ്ട് ആ മൂന്ന് വാക്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം എഫ് എ സി ആർക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം എഫ് എ സി ആർ ഒന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നമ്മുടെ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള നമ്മുടെ മുൻനിർണയത്തെക്കുറിച്ചാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ ലോക സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തു ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് എഫ് എ സി ആർ ഒന്നിൻ്റെ നാല് അങ്ങനെ തിരഞ്ഞെടുത്തത് അവിടെ പറയുന്നുണ്ട് അതിനാണ് ആ കാര്യം പറയാനാണ് വന്നത് എഫ് എസ് എർ ഒന്നിൻ്റെ നാല് ഒന്നിൻ്റെ നാല് ശ്രദ്ധിക്കുക നാം തൻ്റെ സന്നദ്ധിയിൽ നിഷ് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് നമ്മെ തിരഞ്ഞെടുക്കും അപ്പോൾ അവൻ നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിച്ചത് ഈ ലോകത്ത് ഇത്ര മനുഷ്യരുണ്ടായിട്ടും നമ്മളെ ഈ സത്യത്തിലേക്ക് ദൈവം മുൻ നിയമിച്ചതിൻ്റെ പർപ്പസ് എന്താ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്താ നാം വിശുദ്ധരാകണം നിഷ്കളങ്കരാകണം ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കർത്താവ് ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മളെ മുൻ നിയമിച്ചത് അതുപോലെ തന്നെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ മുൻ നിയമിച്ചു അതിനുശേഷം കർത്താവ് എന്തോ ചെയ്തു കാല കർത്താവ് മനുഷ്യനായിട്ട് അവതരിച്ചു ആ മനുഷ്യനായിട്ട് അവതരിച്ച ഘട്ടത്തെക്കുറിച്ചും പറയുന്ന വാക്യം നമുക്കൊന്ന് നോക്കാം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം കർത്താവ് ജനിച്ചപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുക ദൂതൻ വന്നിട്ട മറിയോട് പറയുന്നതാണ് ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് അവൾ ഒരു മകനെ പ്രസവിക്കും അതായത് യേശുഭൂമിയിൽ ജനിക്കും യേശുഭൂമിയിൽ ജനിക്കും ജനിക്കുന്നത് ആളുകളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക കണ്ടോ ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മളെ നിയമിച്ചതെന്തിനാ നമ്മൾ വിശുദ്ധരാകാൻ കർത്താവ് ഭൂമി ജനിച്ചതെന്തിനാ നമ്മൾ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ നമ്മളെ വിശുദ്ധരാക്കാൻ ഇനി കർത്താവ് കാൽവറിക്രൂശിൽ മരിച്ചതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നമ്മൾ എഫ് എ സി കഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് എഫ് എ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി വാക്യം അഞ്ചിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്യം പുറകിലേക്ക് വാ വായിച്ചാൽ ഭർത്താക്കന്മാരെ ക്രിസ്തുവും ക്രിസ്തുവും സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി അവൻ ക്രിസ്തു അവളെ സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും വിശുദ്ധീകരിക്കേണ്ടതിനും അണ്ടർലൈൻ ചെയ്യണേ വിശുദ്ധീകരിക്കേണ്ടതിനും കറയും ചുളുക്കം മുതലായതൊന്നുമില്ലാത്ത സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു യേശു ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ഓർക്കുന്നുണ്ടല്ലോ നമ്മളാരെങ്കിലും ഓർക്കുന്നുണ്ട് യേശു ഗസമനെ തോട്ടത്തിലായിരുന്നപ്പം ആ ഇതുപോലെ ഇസ്കരിയോത്ത യൂതായും യേശുവിനെ പിടിക്കാനുള്ള ചേവകനും കൂടെ വന്നപ്പം യേശു എന്താ പറയുന്നു യേശു എന്ത് പറയുന്നു നിങ്ങൾ ആരെ തിരയുന്നു അപ്പോൾ നസ്രായനായ യേശുവിന് അത് ഞാൻ തന്നെ ഇവർ പൊക്കോട്ടെ കർത്താവ് അങ്ങനെ അങ്ങോട്ട് വോളണ്ടർ ചെയ്ത് സാധാരണ അവർക്കെന്താണ് പരിചയം ഒരാളെ പിടിക്കാൻ ചെന്നാൽ അയ്യോ അത് ഞാനല്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് വേറെ ഒരാളാണെന്ന് പറഞ്ഞ് സ്കൾക്ക് ചെയ്ത് പോകുന്നതാണ് അവർക്ക് പരിചയം ഇവിടെ എന്താ ഇവിടെ എന്താ ഇവിടെ ആ ആൾ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയുക ഞാനാത് ഇവരൊക്കെ പൊക്കോട്ടെ ഞാൻ അത് കണ്ടപ്പോൾ ഇവരെന്തോ ചെയ്തു ഇവർ പിൻവാങ്ങി നിലത്ത് വീണെന്നാണ് നമ്മളവിടെ വായിക്കുന്നത് എന്ന് വെച്ചാൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ക്രൂശ്മരണത്തിന് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ആ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാണെന്നാണ് ഇവിടെ പറഞ്ഞത് സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ശുദ്ധയാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ കണ്ടോ നമ്മൾ ശുദ്ധീകരണം എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ രക്ഷണയ പ്രവൃത്തിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള നമ്മുടെ മുൻനിയമനത്തിൽ നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എന്നുള്ളതായിരുന്നു കർത്താവ് കാല ഭൂമിയിൽ വന്നപ്പം ദൂതൻ കർത്താവ് വന്നതിനെക്കുറിച്ച് പറയുന്ന എന്തിനാണ് ശുദ്ധീകരിക്കാനാണ് പാപത്തിൽ നിന്ന് വിടുവിക്കാനാണെന്നാണ് പറഞ്ഞത് കർത്താവ് അവസാനം മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം കാൽവരിക്രൂശിലേക്ക് പോകുമ്പോഴും തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ് ശുദ്ധയും നിഷ്കളങ്കയുമായിട്ട് തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്താൻ അവിടെയും ശുദ്ധം ശുദ്ധമെന്ന് രണ്ടിടത്ത് എഫേസിർ അഞ്ചാമത്തെ ആയി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങളിൽ പറയുന്നു അപ്പോൾ വിശുദ്ധീകരണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളെക്കുറിച്ച് സാധാരണ ആളുകൾ എന്തുവാ പറയുന്നത് നമ്മുടെ നമ്മൾ നമ്മളിതെല്ലാം ഒരു വലിയൊരു തലത്തിൽ പറഞ്ഞു പോകാനല്ല എനിക്ക് താല്പര്യം എപ്പോഴും നമ്മളിലേക്ക് തന്നെ വന്ന് നമ്മളെന്താ ഈ കാര്യങ്ങൾ പറയാനായി എനിക്ക് താല്പര്യം ഇന്ന് ചുറ്റുപാടുമുള്ള സഭകളൊക്കെ നമ്മളെക്കുറിച്ച് എന്താ പറയുക ഓ അവർ ഭയങ്കര വിശുദ്ധി പറയുന്ന ആളുകളാണ് അത് അതിൻ്റെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ ഒന്നും അത്രയൊന്നും വിശുദ്ധി പറയേണ്ട കാര്യമൊന്നുമില്ല ആരാണ് ഇത്ര വിശുദ്ധൻ അങ്ങനെ സാധാരണ പറയാൻ കേട്ടിട്ടില്ല ആരാണ് ഇത്ര വിശുദ്ധൻ എന്നുവെച്ചാൽ നമ്മൾ നമ്മൾ വെളിയിൽ സർക്കാർ ഒരു പരിപാടിക്ക് പോയാൽ കൈക്കൂലി ഇങ്ങനെയുള്ള ഉള്ള ഈ കാര്യങ്ങൾക്കെതിരെയൊക്കെ നമ്മളൊരു നിലപാടെടുക്കുന്ന ആളുകളാണ് നമ്മൾ ഒരാളെ വഞ്ചിച്ചെങ്കിൽ അയാൾക്കുള്ളത് തിരിച്ചു കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ആളുകൾ പറയുന്ന അവർ ഭയങ്കര വിശുദ്ധിയുടെ ആളുകളാണ് വിശുദ്ധിയുടെ ആളുകളാണ് ഈ വിശുദ്ധി പറയുന്നവരെ ആളുകൾക്ക് എന്തില്ല ആത്യന്തികമായിട്ട് താല്പര്യമില്ല കാരണം അതെന്താ അങ്ങനെ വന്നത് വന്നതിന് കാരണം നമ്മുടെ സ്വാഭാവിക ജഡത്തിന് സ്വാഭാവികമായിട്ട് ഒരു വിശുദ്ധ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടതായിട്ട് വരും നമുക്ക് നമ്മുടെ ജഡത്തിന് സ്വാഭാവികമായിട്ട് അത് ഇഷ്ടമല്ല നമ്മുടെ ജഡത്തിന് താല്പര്യം എന്താ നമ്മളായിരിക്കുന്ന നമ്മുടെ മോഹങ്ങളിലും നമ്മുടെ ഇഷ്ടങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലും ഒക്കെ തന്നെ പെട്ടുപോവുകയും പ്ലസ് അതിനോട് കൂടെ ദൈവവും അതിനോട് കൂടെ ദൈവവും രണ്ടും കൂടെ ചേർത്ത് പോവുക അപ്പൊ അതൊന്നുമല്ല ദൈവം മാത്രം മതി എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോ എന്താണത് അത് അത് ആ നിലയില് പലർക്കും താല്പര്യമുള്ള കാര്യമല്ല നമുക്ക് വേഗത്തിൽ വരാം അതുകൊണ്ട് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എത്ര ഗൗരവമായിട്ടാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞേക്കുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല രണ്ട് തീമത്തി ദിവസം രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൽ നമ്മൾ പലപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ രണ്ടിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ രണ്ട് തീമത്തി ദിവസം രണ്ടിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് ഒരു വീടിനെ കുറിച്ച് ആ വീട് ഏതാ സഭയാണ് അവിടെ പലതരത്തിലുള്ള ആളുകൾ വ്യത്യസ്തരാണ് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ വിട്ടകന്ന് എന്നാൽ ഇവയെ വിട്ടകന്ന് വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥൻ ഉപയോഗവുമുള്ള നല്ല വേലയ്ക്കൊക്കെ ഈ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും യൗവനമോഹങ്ങളെ വിട്ടോടി ആ വാക്യത്തിലേക്ക് വരിക കേട്ടോ തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി അപ്പോൾ ഈ ഉടമസ്ഥന് ഈ വീടിൻ്റെ ഉടയവനായ വീടിൻ്റെ ഉടയവനായ ഉടമസ്ഥന് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉടയവന് അവനെ സംബന്ധിച്ചിടത്തോളം ആ എന്താ വേണ്ടത് അവനൊരു പാത്രത്തെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ എന്തു വേണം അത് വിശുദ്ധമായിരിക്കണം വിശുദ്ധമല്ലാത്ത ഒരു പാത്രത്തെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മൾ വിചാരിക്കും അങ്ങനല്ലല്ലോ പലരും രണ്ട് വിവാഹം കഴിച്ചവരും ഒക്കെയായ ആളുകളൊക്കെ വലിയ രോഗശാന്തി പറയുമല്ലോ പക്ഷെ ആത്യന്തികമായിട്ട് എന്തോ പറ്റും ആത്യന്തികമായിട്ട് അത് ദൈവരാജ്യത്തിൻ്റെ ഒരു പണിക്ക് ഉപയോഗപ്പെടുകയല്ല നമ്മൾ ഇന്ന് വലിയ ശുശ്രൂഷയെന്നൊക്കെ പറയുന്ന ആളുകൾ വലിയ വലിയ വലിയ അംഗീകാരമുള്ള ആളുകൾ ക്രിസ്തീയ ലോകത്ത് തന്നെ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ അവരെ എന്തിനാണ് വലിയ ആളുകളാക്കി നിർത്തുന്നത് അതിൻ്റെ പിന്നിൽ പിശാചിന് ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നാറുണ്ട് കാരണം അവരെ അവരെ ക്രിസ്തീയതയുടെ വലിയ ആളുകളായിട്ട് ഉയർത്തി കാണിച്ച് ഇങ്ങനെ നിർത്തി നിർത്തി നിർത്തി ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം ഇങ്ങനെ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഈ ആള് ആള് ഒരു വലിയ തെറ്റിപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് അയാൾ ആ നിലയിൽ അയാളുടെ സാക്ഷ്യം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും അയാളെ ഇത്രയും ഉയർത്തിക്കൊണ്ടു വന്നവരും അദ്ദേഹത്തെ ആരാധനയോട് കണ്ടവരുമായ ആളുകളുടെ മുഴുവൻ വിശ്വാസം തകർന്നു പോവും അപ്പം പിശാചിനൊരു അജണ്ടയുണ്ട് ഞാനിത് പറയുമ്പോൾ വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കല്ലേ നമുക്ക് സമയമില്ല എങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പിന്നെ അപ്പോസ്റ്റൽ പ്രവർത്തി പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടോണേ അവിടെ പതിനാറാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു അവന് പൗലോസൊക്കെ കൂടെ പോകുമ്പോൾ അതെ അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പതിനാറിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കത് വായിപ്പാനായിട്ട് സമയമില്ല അതിങ്ങനെയാണ് പൗലോസ് എന്ത് ചെയ്തു പൗലോസ് അവിടെ ചെന്ന് പ്രസംഗിച്ചൊക്കെ നടക്കുമ്പം ഒരു പെങ്കൊച്ചു വന്ന് പുറകെ നടന്ന് പറയുക ഇവരെന്താണ് ഇവർ വലിയ ആളുകളാണ് ഇവർ ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവൾ ചെയ്തു വന്നു പൗലോസ് എന്തോ ചെയ്തു പൗലോസ് അവളെ വിട്ടുപോകാൻ പറഞ്ഞു ഭൂതത്തോടെ അവളെ വിട്ടുപോകാൻ പറഞ്ഞു ഈ ഭൂതം എന്തുവാ ചെയ്ത് നമ്മൾ നോക്ക ഭൂതത്തിന് ഭൂതത്തിന് ബോധം നഷ്ടപ്പെട്ടു ഭൂതം എന്തിനെങ്ങനെ ചെയ്തു അതായത് ഇവര് കർത്താവിൻ്റെ ദാസന്മാരല്ലേ ഇവര് കർത്താവിൻ്റെ അത്യുന്നതൻ്റെ ദാസന്മാർ ദാസന്മാർ എന്ന് പറഞ്ഞ് ഈ ഭൂതം ഇവളിലൂടെ ഇവരെ ഉയർത്തിക്കൊണ്ട് വന്നത് എന്തിനു വേണ്ടിയാണ് എന്താ ഭൂതത്തിൻ്റെ അജണ്ട എന്തായിരുന്നിരിക്കുക അതായത് ഇവരെ ഈ നിലയിൽ ഉയർത്തിക്കൊണ്ട് അവർ പോകുമ്പോഴും വരുമ്പോഴും പാവപ്പെട്ട പൗലോസന അവിടെ അടിയും എല്ലാം കൊണ്ട് എല്ലാവരും തള്ളപ്പെട്ട് നിൽക്കുമ്പം എവിടെ ചെന്നാലും ഒരാൾ ഓ അത്യുന്നതമായ ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ വിലയേറിയ ദാസൻ എന്ന് പറയാനൊരു സംഘച്ചുണ്ട് അതിങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് വരുമ്പം പൗലോസന് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ദൈവത്തിൻ്റെ ഒരു വിലയേറിയ ദാസനാണ് എന്ന് തോന്നും തോന്നിയാൽ അതോടെ തീർന്നു അതോടെ തീർന്നു അതാണ് പിശാചിൻ്റെ ജണ്ട അപ്പം നമ്മളെ ചിലർ പ്രശംസിക്കുന്നത് പ്രശംസിക്കുന്നതിൻ്റെ അകത്ത് പിശാദിനൊരു അജണ്ടയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത്യുന്നത ദാസൻ ദാസൻ ദാസൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം ഈ ദാസനിലൊരു തെറ്റ് വന്നാൽ അല്ലെങ്കിൽ ഏഴാം കൽപ്പന ലംഘിച്ചതിന് ഇദ്ദേഹത്തെ കൈയോടെ പിടിച്ചു അത് പത്രത്തിലും വന്നു മറ്റേതിലുമൊക്കെ വന്നു ഇൻ്റർനെറ്റ് അതിലെല്ലാം വന്നു ഇത്രയും നാൾ ഇദ്ദേഹത്തിൽ വലിയ ആളായിട്ട് കണ്ടവരെല്ലാം വിചാരിക്കും ഓ ഇത്രയൊക്കെ ഒക്കെയുള്ളു പുള്ളിക്ക് അങ്ങനെ ആകാമെങ്കിൽ നമുക്കിങ്ങനെ ആകാം കണ്ടോ അപ്പോൾ പിശാജ് ഒരു ഒരു അജണ്ടയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് മടങ്ങി വരാം അപ്പോൾ ശുദ്ധീകരണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന് ആത്യന്തികമായിട്ട് തന്നെത്താൻ വെടിപ്പാക്കുന്ന ഒരു മാനപാത്രത്തെ കൊണ്ട് മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയുകയുള്ളൂ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മളെന്ത് വേണം നമ്മൾ നമ്മളെന്താണോ നമ്മൾ പരമാർത്ഥികളാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ നമ്മളാണ് തീർച്ചയായിട്ടും നമ്മൾ ശരിയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ശരിയാകും പക്ഷെ ഫോക്കസ് എവിടെ വേണ്ടത് നമ്മിൽ അവിടെ തുടങ്ങേണ്ടത് നമ്മൾ ശരിയാകണം അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകണം അതേസമയം ഇന്നോ ഇന്നോ ഇന്ന് നമ്മിലല്ല പലയിടത്തും ഫോക്കസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊരു വലിയൊരു ആത്മീയതയുടെ പരിവേഷം വിടുന്നു നമ്മളെങ്ങനെ ആയാലും കുഴപ്പമില്ല അങ്ങനെ വന്നാൽ എന്ത് പറ്റിപ്പോകും അവസാനം ഇതെല്ലാം കൂടെ തകർന്നു വീഴും തകർന്നു വീഴും അപ്പോൾ നോക്കുക നമുക്ക് മടങ്ങി വരാം പ്രിയപ്പെട്ടവർ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ശുദ്ധീകരണം പ്രധാനപ്പെട്ട കാര്യമാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവ് തിരഞ്ഞെടുത്ത് ശുദ്ധീകരണത്തിനാണ് കർത്താവ് ഭൂമിയിൽ വന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ് കർത്താവ് കാൽവറി കൃഷിയിൽ പോയത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ് തന്നെത്താൻ വെളിപ്പാക്കുന്നവനെ മാത്രമാണ് കർത്താവിന് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വാക്യത്തെ വളരെ ഗൗരവമായിട്ടെടുക്കാം ഇവിടെ നമ്മൾ കണ്ടത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും നമുക്ക് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളിവിടെ ചിന്തിക്കേണ്ടതാണ് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ് അവിടെ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുകയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളിനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മളിങ്ങനെ ശുദ്ധീകരണമായിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് നിന്ന് അവസാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ കർത്താവിനെ കാണും എന്നാണല്ലോ പലപ്പോഴും നമ്മളങ്ങ് ചിന്തിച്ചു പോകുന്നത് എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധീകരണത്തോടെ നിന്ന് കർത്താവിനെ കാണുന്ന ആളുകൾ എന്തോ ചെയ്യും ഇന്ന് തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പം തന്നെ എന്തോ ചെയ്യും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കും എവിടെ കാണും എല്ലാ സാഹചര്യത്തിലും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഓരോ രംഗങ്ങൾ വരുമ്പോൾ നമുക്കെതിരെയുള്ള പ്രശംസ വരുമ്പോൾ അവിടെ ആരെ കാണണം അവിടെ നമ്മളെ കാണേണ്ടത് നമ്മൾ ദൈവത്തെ കാണണം ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കും നമ്മളെ നമുക്കെതിരെ പരാതി വരുമ്പോൾ നമുക്കെതിരെ മുമ്പേ പറഞ്ഞതുപോലെ ആളുകൾ ആക്ഷേപം പറയുമ്പോഴും നമ്മൾ ആരെ കാണണം ദൈവത്തെ കാണും ദൈവത്തെ കാണുമ്പോൾ എന്തോ പറ്റും ശുദ്ധീകരണം ഉണ്ടാകും നമുക്കിവരോട് ആരോടും കഴിപ്പില്ല കാരണം ഇവരല്ല ഇവരല്ല ഇത് ചെയ്തത് ദൈവത്തെ ഏതൊരംഗത്തും നമുക്ക് വരുന്ന പ്രതികൂലങ്ങളാകട്ടെ നമുക്ക് വരുന്ന അനുകൂലങ്ങളാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ കണ്ടാൽ നമുക്ക് ശുദ്ധിയായിട്ട് ഒരാളോടും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാനായിട്ട് കഴിയും അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിനെ കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ നമുക്ക് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം പതിനഞ്ചാമത്തെ വാക്യം അവിടെ ആരും ദൈവകൃപിട്ട് പിന്മാറുകയും വല്ല കയ്പ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും കണ്ടോ അടുത്തത് ദൈവകൃപയെക്കുറിച്ചാണ് പറയുന്നത് ദൈവകൃപ കൃപയെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട അത് അത് പൗലോസിൻ്റെ ഒരു ഒരു വാക്ക ഏ വെച്ചാൽ പഴയ നിയമത്തിൽ ചിലടത്ത് കൃപയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊരു ആത്യന്തികമായിട്ട് എന്താ ഒരു പുതിയ നിയമ വാക്കാണ് കൃപ നമ്മൾ യോഹനാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് കൃപ ആര് കൊണ്ടുവന്നു കർത്താവായ യേശു കൊണ്ടുവന്നു മോശം കൊണ്ടുവന്നത് എന്താ ന്യായ പ്രമാണമാ കർത്താവ് കൊണ്ടുവന്നത് എന്താ കൃപയാണ് ഗ്രേസ് ഗ്രേസ് കൃപ കർത്താവ് കൊണ്ടുപോകും ഈ കൃപ അത് ആ കൃപയെന്ന് നമ്മൾ മാറിപ്പോകരുത് എന്നാണ് ഇവിടെ പറയുന്നത് കൃപയെന്ന് മാറിപ്പോകരുത് പലയിടത്തും ഈ ഈ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും രണ്ട് കൊരിന്തിയർ ആറാമധ്യായം ആറാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ ഒന്നാമത്തെ വാക്യം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അതിനെ എന്താക്കി കളയരുത് വ്യർത്ഥമാക്കി കളയരുത് ദൈവകൃപ വിട്ട് പിന്മാറരുത് അതിനെ വ്യർത്ഥമാക്കി കളയരുത് ഗലാത്തിർ കഴിഞ്ഞ ലേഖനം രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നു ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃതാവാക്കുന്നില്ല പൗലോസ് പറയുക ഞാൻ ദൈവത്തിൻ്റെ കൃപയെ വൃതാവാക്കുന്നില്ല ഗലാത്തിര കഴിഞ്ഞില്ല അതിന് മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടിൻ്റെ ഇരുപത്തൊന്നും ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃധാവാക്കുന്നില്ല ന്യായ നീതി മരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലോ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ എന്താ കൃപയെന്ന് പറഞ്ഞാൽ അത് അർഹതയില്ലാത്ത നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ഉദവിയാണ് ദൈവത്തിൻ്റെ സഹായമാണ് ദൈവത്തിൻ്റെ ആ നിലയിലുള്ള ദൈവീകമായ നമ്മുടെ ദൈവം നമ്മളോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതെല്ലാം ചെയ്തെടുക്കാനായിട്ടുള്ള ദൈവം തന്നെ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ അത് ദൈവം സൗജന്യമായിട്ട് നമുക്ക് തരും പക്ഷേ നമ്മൾ താഴ്മയിൽ നിൽക്കണം താഴ്മയിൽ നിന്നാൽ ദൈവം സൗജന്യമായിട്ട് ഈ കൃപ നമുക്ക് തരും അതാണ് ഇവിടെ രണ്ടിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നത് ഞാൻ എന്തു ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ കൃപയെ വൃതാവാക്കുന്നില്ല എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നു ന്യായ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ അന്ന് പൗലോസി സംസാരിക്കുന്നത് ആരോടാണ് യഹൂദന്മാരോടാണ് യഹൂദന്മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണോ ആ പ്രധാനം ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താ അതാണ് മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ നമ്മൾ മുമ്പ് വായിച്ച ആ വാക്യത്തിൽ പറയുന്നത് അവിടെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ കാണുന്നല്ലോ ന്യായപ്രമാണമെന്ന് പറയുന്നതിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ മുഖമദ്ര ലോ ന്യായ പ്രമാണത്തിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് അതുകൊണ്ടങ്ങ് ജീവിക്കും ഒരു തെറ്റ് വന്നു പോയി യാഗം കഴിക്കുക ഉടനെ അത് പരിഹരിച്ചു അതുകൊണ്ട് ജീവിക്കുക വേറൊരു തെറ്റ് ചെയ്തു അന്നേരം പോയി യാകം കഴിക്കുക ചെയ്യുന്നവൻ അതുകൊണ്ട് ജീവിക്കും ചെയ്യുന്നവൻ അതുകൊണ്ട് ജീവിക്കും അപ്പം ന്യായപ്രമാണത്തിൻ്റെ എല്ലാം ചെയ്യുന്നവൻ അതുകൊണ്ട് ജീവിക്കും അതേസമയം കൃപയുടെയോ കൃപയുടെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം ആ കാര്യം നമുക്ക് വേണ്ടി പൂർത്തിയാക്കും എന്നിലൊരു നന്മയില്ല ദൈവത്തിലാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൽ ശരണപ്പെടുന്നിടത്താണ് എന്തുള്ളത് കൃപയുള്ളത് കൃപയുള്ളത് രണ്ട് കാഴ്ചപ്പാടാണ് ന്യായപ്രമാണ ഇവിടെ പൗലോസ് പറയുന്നത് അവിടെ നമ്മൾ ഗലാത്യലേഖനത്തിൽ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തൊന്നിൽ നമ്മൾ കാണുന്നത് പൗലോസ് പറയുന്നത് എന്താ പറയുന്നത് രണ്ടരുപത്തൊന്ന് ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃധാവാക്കുന്നില്ല എന്നാൽ വൃധാവാക്കാൻ കഴിയും എങ്ങനെ കഴിയും ഞാൻ ന്യായപ്രമാണത്തിൽ ഡിപ്പെൻഡ് ചെയ്താൽ എന്തുപറ്റും ദൈവത്തിൻ്റെ കൃപ വൃധാവാകും ഞാനത് വിശദീകരിക്കാൻ പറയപ്പെട്ടവര് അതായത് ന്യായപ്രമാണത്തിൻ്റെ രീതി എന്താ ന്യായ രീതി ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് നല്ലതായിട്ട് പോവുക വിശുദ്ധനായിട്ട് പോവുക അതേസമയം വിശ്വാസമാർഗം എന്ന് പറയുന്നത് എന്താ നമ്മൾ എത്ര എത്ര ചെയ്താലും അവിടെ എന്തുണ്ട് നമ്മുടേതായ ഒരു കളങ്കം അവിടെ കിടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിന് മാത്രമേ എന്നോട് കരുണ തോന്നി എന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് നടത്താൻ കഴിയൂ എന്നുള്ള നിലയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ ഇവിടെ ഇതാ പൗലോസ് പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ കൃത കൃപ വൃഥാവാക്കുന്നില്ല ന്യായ പ്രമാണത്തിൽ നീതി വരുന്നു ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു സെൻറ്റൻസ് ഉണ്ട് അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതാണ് കൃപയാലാണ് രക്ഷ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ട നമ്മുടെ വല്ല പ്രവൃത്തി കൊണ്ടാണോ അല്ല കൃപയാല ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ഈ സമയത്ത് അതിനായിട്ട് ഹൃദയം തുറക്കാനും ആ സമയത്ത് ദൈവജനം കേൾക്കാനും അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനും ഒക്കെ നമുക്കിടയായത് കൃപയാലാണ് രക്ഷ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം കൃപ വേണമെന്നുള്ളത് അത് രക്ഷ തുടരുന്നത് കൃപയാലാണെന്ന് പലർക്കും ബോധ്യമില്ല ഇതാണ് ചാസയുടെ സെൻറ്റൻസ് മനസ്സിലായോ അതായത് കൃപയാൽ ആണ് രക്ഷ എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തെ ആദ്യം അറിഞ്ഞത് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമ്മളറിയും എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം പിന്നെയും അതിൽ തൊടരുന്നത് ആ രക്ഷയുടെ വഴിയിൽ തന്നെ തുടരാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് പലരും ആ നിലയിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ആ നിലയിൽ കണക്ക് കൂട്ടുന്നില്ല പിന്നെ അവരെന്താ കണക്ക് കൂട്ടുന്നത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ഇനിയിപ്പം ഞങ്ങൾ ഞങ്ങൾ തന്നെ ജീവിച്ച് നല്ലതായിട്ട് നല്ലതായിട്ട് ജീവിച്ച് ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് വന്നാൽ അവരെന്തിലേക്ക് വന്നു ന്യായപ്രമാണത്തിലേക്ക് വന്നു ന്യായപ്രമാണത്തിൻ്റെ ആ രീതിയിലേക്ക് വന്നു അങ്ങനെ വന്ന ന്യായപ്രമാണത്താൽ വന്നപ്പോൾ എന്തായി അത് ചെയ്ത് ചെയ്ത് വിശുദ്ധനാകുന്ന ഒരു മാർഗം അത് ചെയ്യുന്നവൻ അത് മൂലം ജീവിക്കും അതേസമയം നമ്മുടെ രക്ഷയിലും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ എന്ത് വേണം കൃപയാണ് കൗണ്ട് ചെയ്യേണ്ടത് കൃപയെന്ന് പറയുമ്പോൾ അതെന്താ നമുക്ക് അർഹതയില്ലാത്തടത്ത് കിട്ടുന്നതാണ് നമ്മളപ്പോൾ എപ്പോഴും രക്ഷയിലേക്ക് വന്നു ആ സമയത്ത് നമ്മൾ വളരെ അനുതാപത്തോടെ താഴ്മയോടെ നമ്മൾ വന്നു തുടർന്നും എന്താ എന്തി തന്നെ നിൽക്കണം ആ താഴ്മയിൽ തന്നെ നിന്നാലേ നമുക്ക് കൃപ കിട്ടിക്കൊണ്ടിരിക്കും ആ കൃപയിലൂടെയാണ് രക്ഷ തുടരുന്നത് അല്ലാതെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ന്യായപ്രമാണത്തിലേക്ക് പോകരുത് ന്യായപ്രമാണം എപ്പോഴും അത് ചെയ്യുന്നവൻ അതുപോലെ ജീവിക്കും ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്തു ഞാൻ ആരാ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു നമ്മൾ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമ്മൾ സത്യത്തെയും നമുക്ക് ദൈവമുഖം കാണുമ്പോഴുള്ള ആ നിലയിൽ ഒരു പാപബോധവും നമ്മുടെ ഇല്ലായ്മയും നമ്മൾ ദൈവം ഒന്നും ആയിട്ടില്ലെന്നുള്ള ഒരു ബോധ്യമാണോ നമുക്കുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായാൽ നമ്മൾ കൃപയ്ക്ക് അർഹരാ അതേസമയം എനിക്കെന്ന കുഴപ്പം ഇന്നാനും ഇന്നാനും ഒക്കെ ഇങ്ങനെയാണ് ഞാനും ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മിൽ തന്നെ ഒരു പുകഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിപ്പോയി ന്യായപ്രമാണത്തിലായിപ്പോയി ന്യായ പ്രമാണത്തിൽ അതുകൊണ്ടാണ് പൗലോസ് ഇത്രയും വിശുദ്ധനായിട്ട് ജീവിച്ച മറ്റൊരു മനുഷ്യനില്ല ആ മനുഷ്യൻ പറയുന്നത് എന്താ പാവിയിൽ ഞാൻ ഒന്നാമൻ ഒന്ന് ഒന്ന് തെമത്തി ദിവസം രണ്ടാമദ്ധ്യായത്തിലാണ് നമ്മളത് കാണുന്നത് ഒന്ന് തെമത്തി ദിവസ രണ്ടാമധ്യായത്തിലാണോ ഒന്നാമത്തെ അധ്യായത്തിലാണോ നമ്മൾ ആ വാക്യം നോക്കുക അവിടെ പൗലോസ് പറയുന്നത് എന്താ പൗലോസ് പറയുന്നു ഒന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്നിൻ്റെ പതിനഞ്ച് ക്രിസ്തുവേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാവികളിൽ ഞാൻ ഒന്നാമൻ പൗലോസ് എന്തെങ്കിലും പാവം ചെയ്തോ ഇല്ല ന്യായ നീതി സംബന്ധിച്ച് ഞാൻ അനിന്യൻ എന്നാണ് പൗലോസ് വേറൊരിടത്ത് പറയുന്നത് ബ്ലെയിംലെസ്സാണ് പക്ഷേ മറ്റെല്ലാവരും ബ്ലെയിംലെസ് ഒരപവാദവും പറയാനില്ലെന്ന് പൗലോസിനെ പറയുന്നെങ്കിലും ദൈവത്തിൻ്റെ തേജസ്സിന് മുമ്പിൽ പൗലോസ് എന്താ കാണുന്നത് ഞാൻ പാവിയിൽ ഒന്നാമൻ എന്ന് കാണുമ്പോൾ ഒരാൾ പാവിയിൽ ഒന്നാമനാണെന്ന് കാണുമ്പോൾ ദൈവകൃപയന്ത് ചെയ്തു അവനെ വിശുദ്ധൻ എന്ന് പറഞ്ഞവനെ ദൈവത്തിൻ്റെ മാർവോടയ്ക്കും കണ്ടോ അതാണ് കൃപ നമ്മിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി കൃപയിൽ നമ്മൾ നിൽക്കണം രക്ഷിക്കപ്പെടുന്നത് വരെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രമല്ല രക്ഷയിൽ തുടരുന്നതും കൃപയാലാണ് കൃപയാലാണ് ഈ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നിരന്തരം ദൈവസന്നിധിയിൽ താഴ്മയിൽ നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കൃപ കിട്ടിക്കൊണ്ടേയിരിക്കും ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ കൃപയിൽ നിന്ന് വീണുപോയാൽ കണ്ടോ അഞ്ചിന്റെ നാലാമത്തെ വാക്യം നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി കൃപയിൽ നിന്ന് വീണു പോകുന്നത് ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടു പോകുന്നതിനോട് തന്നെയാ പറഞ്ഞേക്കുന്നു അപ്പൊ നോക്ക എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃ എന്ന് വെച്ചാൽ അതൊരു മനോഭാവമാണ് നമ്മൾ നിരന്തരം ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയിൽ താഴ്മയിൽ താഴ്മയിൽ പ്രശംസയില്ലാതെ നിൽക്കുമ്പോൾ നമുക്കെന്ത് കിട്ടിക്കൊണ്ടിരിക്കും ദൈവകൃപ കിട്ടിക്കൊണ്ടിരിക്കും ആ കൃപയിൽ തന്നെ നിൽക്കും അപ്പോൾ നമ്മൾ കൃപയെ വൃതാവാക്കുകയില്ല അപ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതിക്ക് പോവുകയില്ല നമ്മളെന്തായിരിക്കും നമ്മുടെ ഏറ്റുപുറച്ചിൽ ഞാൻ പാവിയിൽ ഒന്നാമെന്നുള്ളതായിരിക്കും അതൊരു വെറുതെ പറയുന്നതല്ല ആളുകൾ കേൾക്കാൻ നമ്മൾ എണ്ണീറ്റ് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വലിയ കുഴപ്പക്കാരനാണെന്ന് പറയുന്നതല്ല ഇതിപ്പം പല കൺവെൻഷനിലും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ രണ്ടുപേരെ കൊന്നവനാണ് അത് അത് തന്നെ ഒരു പ്രശംസ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രണ്ടുപേരെ കൊന്നു ഉടനെ അടുത്ത കൺവെൻഷന് മൂന്നുപേരെ കൊന്ന ആളുണ്ടോ എന്നാണ് തപ്പുന്നത് കാര്യം കഴിഞ്ഞ തവണ കേട്ടോ ഇത് ഈ താഴ്മയെന്ന് പറയുന്ന കാര്യം നമ്മുടെ ഒരു സഹോദരൻ ഒരു പുസ്തകം വാങ്ങിച്ചെല്ലാവർക്കും തന്നിട്ടുണ്ട് ദയവായിട്ട് എല്ലാവരും വായിക്കണം എന്ന് പറയുന്ന കാര്യം വളരെ വളരെ വളരെ സട്ടിലായ ഒരു കാര്യം താഴ്മയുടെ പേരെയും നമ്മൾ അഹങ്കരിച്ചു പോകാം താഴ്മയുടെ പേരിൽ അഹങ്കരിച്ചു പോയി ഞാൻ വളരെ താഴ്മയുള്ള ഒരു സഹോദരനാണ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ അഹങ്കരിച്ചു പോയാൽ നമ്മളെന്തായിപ്പോയി ദൈവത്തിൻ്റെ ശത്രുവായിപ്പോയി എന്തിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിച്ചത് താഴ്മയുടെ പേരിൽ അയ്യോ ഞാൻ മുണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ഞാൻ പച്ചവെള്ളം ചവച്ചേ കുടിക്കുകയുള്ളൂ സമ്മതിച്ചത് വരെ പക്ഷേ നീ അത് കാണരുത് നീ എന്തോ കണ്ടോണം ഭാവിയിൽ കണ്ടോണം നിന്നെ ഇതിൽ നിന്ന് വീഴ്ത്തി കളയാനും ആളുകൾ വന്ന് നിങ്ങളോട് പറയും അയ്യോ ആ സഹോദരൻ അയ്യോ പാവം നല്ല സഹോദരൻ ഇതൊന്നും നിൻ്റെ തലപ്പി തലയിലോട്ട് കയറരുത് അതൊക്കെ ഉടനെ തന്നെ റിജക്റ്റ് ചെയ്തോണം വിളിച്ചപ്പാടത്തിൽ സ്ത്രീയൊക്കെ വന്ന് പറയും അത്യുന്നതിൻ്റെ മാർഗംഘോഷിക്കുന്നവർ നമ്മളെ ആളുകൾ പൊന്നാടയൊക്കെ അണിയിക്കാൻ വരും വന്നോട്ടെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തോണം മനസ്സുകൊണ്ട് ഉടനെ തന്നെ റിജക്റ്റ് ചെയ്തോണം അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളെ കുഴപ്പത്തിലാക്കി കളയാം അപ്പോൾ നമ്മൾ നോക്കുക ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പ്പുള്ള പേരും മുളച്ച് കലക്കമുണ്ടാകുകയും ചെയ്യും അപ്പോൾ നോക്കുക സാധാരണ നമ്മൾ വിചാരിക്കുന്നത് കയ്പ്പും കലക്കവും വന്നാൽ എന്ത് പറ്റിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ദൈവകൃപോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത് ദൈവകൃപ പോയാലാണ് കയ്പ്പും കലക്കും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് റോമർ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നമ്മൾ മുമ്പേ വായിച്ച ആ വാക്യത്തിലേക്ക് വരാം ആ വാക്യത്തിലേക്ക് വരുമ്പോൾ റോമർ പതിനാറിൻ്റെ ഇരുപതിലേക്ക് വരുമ്പോൾ അവിടെ കൃപയെക്കുറിച്ചും പറയുന്നുണ്ട് പതിനാറിൻ്റെ നമ്മൾ വായിച്ച സമാധാനത്തിൻ്റെ ദൈവമോ എന്ന് പറയുന്ന വാക്യം സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താന നിങ്ങളുടെ കാൽ കിഴയ ചരച്ചുകളെ ആ ഇരുപതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ കൃപ നമ്മോടുകൂടെ ഇരിക്കട്ടെ കൃപ നമ്മളെ വിട്ടു പോകരുത് കൃപ നമ്മളെ വിട്ടു പോയാൽ എന്തോ പറ്റും കൃപ നമ്മളെ വിട്ടുപോയാൽ കണ്ടു ആ ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വരുമ്പം അവിടെ എന്താ ദക്ഷങ്ങൾ ഇടർച്ചകൾ അതുപോലെ തന്നെ കയ്പ്പും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവിടെ വരിക ഇവിടെ കണ്ടോ കൃപ നമ്മളുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാവുന്നതാണ് ഈ മുകളിൽ പറഞ്ഞ ആ ദഗ്നവശങ്ങളും ഇടർച്ചകളും ഒക്കെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മൾ ദൈവകൃപ വിട്ടു പിന്മാറിയാൽ ദൈവകൃപയെന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞു ദൈവകൃപയെന്ന് പറയുന്നതിന് ദൈവകൃപ കിട്ടാനുള്ള മനോഭാവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ആ മനോഭാവം എന്താ താഴ്മയുടെ മനോഭാവമോ ഞാൻ പാവിയിൽ ഒന്നാമെന്നുള്ള ഏറ്റുപറച്ചില ആ ഒരു മനോഭാവം നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ എന്തോ പറ്റും ദൈവകൃപ വിട്ടാൽ എന്തോ ഉണ്ടാകും കലകം ഉണ്ടാകും നമ്മൾ സാധാരണ പറയുന്നത് കയ്പ്പും കലക്കവും ഉണ്ടായി കഴിഞ്ഞപ്പം ദൈവകൃപ വിട്ടുപോയെന്ന അങ്ങനല്ല അങ്ങനല്ല ദൈവകൃപ നമ്മൾ വിട്ടുപോയി കഴിയുമ്പോഴാണ് നമുക്ക് കയ്പ്പും കലക്കവും എന്ന് വെച്ചാൽ ദൈവകൃപയെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞത് എന്താണ് ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള നമ്മുടെ ആ ഒരു നിലപാടാണ് ദൈവമേ എന്നിൽ ഒരു നന്മയുമില്ല നീയാണ് നീ നീയാണ് എന്നെ നടത്തുന്നത് അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനമാണ് കൃപ കൃപയുടെ പുത്രനാണ് ഞാൻ കൃപയുടെ സന്തതിയാണ് ഞാൻ കൃപയുടെ മകളാണ് ഞാൻ കൃപ അത് നീ എനിക്ക് എന്നുള്ള നിലയിൽ നമ്മൾ താഴ്മയിൽ നിൽക്കണം ആ ഒരു മനോഭാവം നമ്മൾ വിട്ടുപോയാലാണ് എന്ത് പറ്റുന്നത് കയ്പും കലക്കവും ഉണ്ടാകുന്നത് കയ്പ്പും കലക്കും അത് വിട്ടുപോയി കഴിയുമ്പോൾ നമ്മൾ എന്തായിത്തീർന്നു നമ്മളൊരു വലിയ ആളായിത്തീർന്നു ആ വലിയ ആളായിട്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരിലൊക്കെ പല കുഴപ്പങ്ങളും കുറവും ഒക്കെയുണ്ട് അപ്പൊ അവരെയോട് നമ്മൾ അതിനെ പറയാൻ ചെന്നു ചുരുക്കത്തി ഇടർച്ചയായി കലക്കമായി പ്രശ്നമായി അതുകൊണ്ട് കയ്പ്പും കലക്കവും ഉണ്ടായതിനു ശേഷമല്ല ദൈവകൃപ വിട്ടു പോകുന്നത് ദൈവകൃപ വിട്ടുപോയതിന് ശേഷമാണ് കയ്പ്പുള്ള വേരും കലക്കവും ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കും അങ്ങനെ കയ്പ്പും കലക്കവും ഉണ്ടായാൽ അനേകരതിനാൽ മലിനപ്പെടും കയ്പ്പ് വന്നാൽ എന്തോ പറ്റും മലിനപ്പെടും മലിനപ്പെടും മലിനപ്പെടും കയ്പ്പ് വരും മലിനപ്പെടരുത് അങ്ങനെ ഒരു പരിപാടിയില്ല കയ്പ്പ് വന്നോ മലിനപ്പെടും നമ്മൾ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ സദൃശമൊക്കെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിനൊരു പ്രായോഗികമായ ഒരു ദൃഷ്ടാന്തം ശലോമോൻ പറയുന്നുണ്ട് അതിൻ്റെ ആറാമദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം കണ്ടോ ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ അതായത് ഒരുത്തൻ വേണം ഒരുത്തന് തൻ്റെ മടിയിൽ തീ കൊണ്ടുവരണം തീ കൊണ്ടുവരണം എന്നാൽ വസ്ത്രം വെന്തു പോവുകയും എന്ന് പറഞ്ഞാൽ ആ പരിപാടി നടക്കുകയില്ലെന്നാണ് ശലവമോനൂടെ പറഞ്ഞു എന്നു വെച്ചാൽ ഒരാൾ കയ്പ്പ് വരണം പക്ഷെ മലിനപ്പെടുകയരുത് എന്ന് പറഞ്ഞാൽ അത് പറ്റുകയില്ല മടിയിൽ തീ കൊണ്ടുവന്നാൽ എന്തോ പറ്റും വസ്ത്രം വെന്തു പോവും വസ്ത്രം വെന്തു പോവും ഈ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പം കൈ ദൈവകൃപ വിട്ടുപോയാൽ കയ്പ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടായി അതിനാൽ അനേകരെ മലിനപ്പെടും ഈ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാൻ ഒക്കെയില്ല എന്ന് പറഞ്ഞതുപോലെ ഓ മലിനപ്പെടാതെ കയ്പ്പ് കൊണ്ട് നടക്കാനായിട്ട് ഒക്കെയില്ല മലിനപ്പെട്ടാൽ എന്തു പറ്റും മലിനപ്പെട്ടാൽ കൈ മലിന വന്നാൽ മലിനപ്പെടും കയ്പ്പ് വന്നാൽ അനേകർ മലിനപ്പെടും നമ്മൾ മാത്രമല്ല അതുമായി ബന്ധപ്പെടുന്നവരെല്ലാം അതുകൊണ്ട് നമ്മൾ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാവുന്നത് എന്താ നമ്മൾ ദൈവകൃപയിൽ നിൽക്കണം ദൈവകൃപയിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മുടെ ഭാഗത്തുള്ള ഒരു ഉത്തരവാദിത്തേ ഉള്ളൂ അതെന്താ ദൈവം കൃപ ചൊരിയാവുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ നിൽക്കണം ദൈവം കൃപ ചൊരിയുന്ന സ്ഥാനം ഏതാണ് നമ്മൾ യാക്കോവിന്റെ ലേഖനം നാലാമദ്ധ്യായത്തിലും പത്രോസിലും അത് ആവർത്തിച്ച് രണ്ടിടത്ത് പറയുന്നുണ്ട് യാക്കോവിന്റെ ലേഖനം നാലാമ നമ്മൾ മിക്കവാറും വായിക്കുന്ന വാക്യങ്ങളാണല്ലോ നാലാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ദൈവ നികളുകളോട് എതിർത്തി നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു താഴ്മയുള്ളവർക്ക് കൃപയാണ് ദൈവം നൽകുന്നത് ഒന്നും അത്ര സഞ്ചാമധ്യായ അഞ്ചാമത്തെ വാക്യം ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃപ കിട്ടാൻ നമ്മൾ എന്ത് മതിയും ദൈവകൃപ നമ്മളെ വിട്ടു പോകാതിരിക്കാൻ നമ്മൾ താഴ്മയിൽ നിന്നാൽ മതി നമ്മൾ തന്നെ പ്രശംസയില്ലാതെ നമ്മിൽ തന്നെ നികളമില്ലാതെ നമ്മൾ തന്നെ ആ ദൈവത്തിൻ്റെ ആ വി ഏറ്റുവാങ്ങത്തക്കവണ്ണം നമ്മൾ എം ഐ ആയിട്ട് നമ്മുടെ പാത്രം ഒഴിച്ച് നമ്മൾ നിന്നാൽ മതി അങ്ങനെ നിന്ന് നിന്നില്ലെങ്കിൽ ആ ദൈവകൃപയിൽ നിന്ന് മാറി നമ്മുടെ പാത്രം നിറഞ്ഞു നമ്മുടെ തലക്കലം വർദ്ധിച്ചാൽ എന്തോ പറ്റും ദൈവകൃപ വിടും ദൈവകൃപ വിട്ടാൽ എന്തോ പറ്റും കലക്കം ഉണ്ടാകും കലക്കം ഉണ്ടായാൽ എന്തോ പറ്റും നമ്മൾ മാത്രമല്ല അനേകരെ മലിനരാകും മലിനരാകും ഇതാണ് സംഭവിക്കാവുന്ന ഒരു കാര്യം പ്രിയപ്പെട്ടവർ അത് കഴിഞ്ഞിട്ട് പിന്നീട് തുടർന്ന് യേശാവിനെക്കുറിച്ചും ഒക്കെ പറയുകയാണ് അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം നമ്മളപ്പം ചിന്തിച്ച വാക് രണ്ട് വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള പേര് മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും ഇതെല്ലാം നമുക്കുള്ള നിർദ്ദേശങ്ങളാണേ നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുക്കാം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ആ അങ്ങേ സ്ട്രീമിൽ ചെന്നതിന് ശേഷമല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവ നിൽക്കുമ്പോൾ തന്നെ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ കൃപ കിട്ടാവുന്ന ഒരു തലത്തിൽ എപ്പോഴും നമ്മൾ നിൽക്കാവും അങ്ങനെ നിന്ന് നിന്ന് പോകുമ്പം മുംബൈ പറഞ്ഞ പോലെ പിന്നീട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നുള്ള ആ ന്യായവിധിയുടെ വചനം നമുക്ക് നേരിടേണ്ടതായിട്ട് വരികയില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നാളുകൾ ഓരോ ദിവസവും ദൈവവും പാകെ ഒരു ഏറ്റുപറച്ചിലിൽ നമുക്ക് നിൽക്കാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ നീയാണ് നീ എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവമേ അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ അത് ക്രമീകരിച്ചു അവിടുന്ന് ഈ ഭൂമി വന്നപ്പോൾ അത് എന്നെ ശുദ്ധനാക്കാൻ വേണ്ടിയാണ് വന്നത് കാൽവർ ക്രൂശിലേക്ക് പോയപ്പോഴും എൻ്റെ വിശുദ്ധീകരണമായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് എന്തുവേണം ഞാൻ ഇന്ന് കലർപ്പില്ലാത്തവനായിട്ട് നിൽക്കണം എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിന് മുമ്പിൽ ചിലപ്പോൾ നിൽക്കുമ്പോൾ ഓ നമുക്ക് നമ്മിൽ തന്നെ ഒരു പ്രശംസയില്ല ദൈവമേ ഞാനാണ് പാവിയിലൊന്നാമൻ എന്ന് പൗരോസിനെ പോലെ തന്നെ നമ്മൾ ഏറ്റു പറയാൻ കഴിയുമെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ബോധ്യത്തിൽ ആ ഒരു അഗ്നോളജ്മെൻറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കൃപ കിട്ടാവുന്ന ഒരു പൊസിഷനിലാണ് അതിൽ നിന്നും മാറിപ്പോവല്ലേ നമ്മൾ എത്ര വർഷങ്ങൾ പിന്നിട്ടാലും അവിടെ തന്നെ നമുക്ക് നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോൾ താഴ്മയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ആ ഒരു വെള്ളച്ചാട്ടം ആ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ മേലെപ്പോഴും വന്നുകൊണ്ടിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കും ഇത് നമ്മുടെ ഒരു പ്രവൃത്തിയല്ല ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും കൃപയെന്ന് പറയുന്നത് നമ്മളെ ശാക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അത് ചെയ്യാനായിട്ടുള്ള കൃപ അത് ദൈവം ചെയ്യും പക്ഷേ നമ്മളെന്തു വേണം നമ്മളവിടെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അതിനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ ദൈവകൃപയു വിട്ട് പിന്മാറിപ്പോകരുത് ആ മനോഭാവത്തിൽ നിന്ന് മാറിപ്പോയാൽ ദൈവകൃപയ വിട്ട് പിന്മാറും കലക്കമുണ്ടാകും ഇടർച്ച ഉണ്ടാകും മലിനപ്പെടും അത് നമുക്ക് സംഭവിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം